പറയുക അള്ളാഹു സുബ്ഹാനഹു ചായ നിങ്ങളെ ജീവിപ്പിക്കുകയും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് സംശയമില്ലാത്ത പുനരുത്ഥാന നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ചു കൂട്ടും എന്നാൽ മനുഷ്യരിൽ അധിക പേരും അതറിയുന്നില്ല